രാത്രിയിൽ നിങ്ങളുടെ ആത്മാക്കളെ എടുക്കുന്നവനും പകൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അറിയുന്നവനും അവനാകുന്നു പിന്നീട് നിശ്ചയിക്കപ്പെട്ട കാലാവധി പൂർത്തിയാകാൻ അവൻ നിങ്ങളെ ഉണർത്തുകയും ചെയ്യുന്നു പിന്നീട് അവങ്കലേക്കാണ് നിങ്ങളുടെ മടക്കം നിങ്ങൾ പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൻ നിങ്ങൾക്ക് വിവരിച്ചു